കപടവിശ്വാസികളെ തിരിച്ചറിയുന്നതിനും വേണ്ടിയാണത് അവരോട് പറയപ്പെട്ടു വരൂ അള്ളാഹുസുബഹാനുഹുവ ചായാലായുടെ മാർഗ്ഗത്തിൽ പോരാടുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ചെയ്യൂ അവർ പറഞ്ഞു ഒരു യുദ്ധമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുടരുമായിരുന്നു അന്ന് അവർ വിശ്വാസത്തേക്കാൾ സത്യനിഷേധത്തിനോടായിരുന്നു കൂടുതൽ അടുത്തു നിന്നിരുന്നത് അവരുടെ ഹൃദയത്തിലില്ലാത്തത് അവർ നാവുകൊണ്ടു പറയുന്നു അവർ മറച്ചുവെക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുസുബഹാനുഹുവചായാല ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു